രമണ മഹർഷിയോട് ഒരാൾ ചോദിച്ചു ഐ വോണ്ട് ടു മെഡിറ്റേറ്റ് ഹൗ ഷുഡ് ഐ മെഡിറ്റേറ്റ് മഹർഷി പറഞ്ഞു ഫൈൻഡ് ഔട്ട് ദേറ്റർ എനിക്ക് ധ്യാനിക്കണമെന്ന് ധ്യാനിക്കുന്നവനെ കണ്ടുപിടിക്കുന്നു അതാണ് ധ്യാനം ധ്യാനിക്കണം എന്ന് പറയുന്നവനാര എനിക്ക് ധ്യാനിക്കണം എന്ന് പറയുന്ന ആളാരാ ഞാൻ ഈ ഞാൻ എന്താ എല്ലാത്തിനെയും തിരിച്ച് തിരിച്ച് തിരിച്ച് ഈ വ്യക്തിയിലേക്ക് കൊണ്ടുവരുക ഒരാള് നമ്മുടെ മഹർഷിയോട് ചോദിച്ചു ഞാൻ എങ്ങനെ ധ്യാനിക്കും മഹർഷി പറഞ്ഞു ഇതേ ഉത്തരം പറഞ്ഞു ധ്യാനിക്കണമെന്ന് ആർക്കാ തോന്നണത് എനിക്ക് ഈ ഞാൻ എന്ന് പറയുന്ന ഈ വിചാരം അതിൻ്റെ ഉറവിടം എവിടെ എന്ന് അന്വേഷിച്ചു നോക്കൂ അയാൾ പറഞ്ഞു എന്നെ കൊണ്ട് സാധിക്കില്ല എനിക്ക് സാധിക്കണില്ല അത് കഴിഞ്ഞ അടുക്കളയിൽ പോയിട്ട് വേറെ ഒരാളുമായിട്ട് കലഹം ഉണ്ടാക്കി അങ്ങടും ഇങ്ങടും ചീത്ത വിളിക്കലും പരസ്പരം എന്തൊക്കെയോ പറയലൊക്കെ ആയപ്പോ മറ്റേ ആള് പറഞ്ഞു തനിക്ക് എന്നെ അറിയില്ല ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞു നീ എന്താ വിചാരിച്ചിരിക്കണെ ഞാൻ എന്താ നീ പറഞ്ഞത് കേട്ടും ഇണ്ടാതിരിക്കോ തനിക്ക് എന്നെ അറിയില്ല എന്റെ സ്വഭാവം എന്താന്ന് അറിയില്ല കാണിച്ചു ചില ആളുകൾ വേർപിടിച്ചു കഴിഞ്ഞാൽ ഞാൻ തനീ ചീത്തയാ സ്വയം പറഞ്ഞോളും പുകഴ്ത്തും അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് മഹർഷി അവിടെ നിൽക്കുന്നത് കണ്ടത് അപ്പൊ ഇയാൾക്ക് ആകെപ്പാട് ഒരു ലജ്ജയായി അപ്പോ മഹർഷി പറഞ്ഞു ലജ്ജപ്പെടണ്ട നാണോ വേണ്ട നീ ചോദിച്ചില്ലേ എനിക്ക് വിചാരിക്കാൻ പറ്റില്ല ഇതാണ് ശരിയായ സമയം ഇപ്പൊ തോന്നുന്നുണ്ടല്ലോ ഞാൻ കാണിച്ചു നീ അവന് കാണിച്ചു കൊടുക്കണ്ട നീ കണ്ടാ നീ അവൻ ആരാണെന്ന് കാണിച്ചു കൊടുക്കുന്നതിന് മുമ്പ് ഞാൻ കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞ് ഇതിന്റെ സ്വരൂപം എന്താണ് ഇത് എവിടെ ആണ് ഈ ഒരു ചലനം ഒരു സ്പന്ദന ഉണ്ടാവുന്നത് ആരായുമ്പോ ആരായുകിൽ തിരകൾ നീരായിടുന്നു ഭണി നാരായിടുന്നു കുടവും പാരായിടുന്നു തിര എന്താണെന്ന് ആരായുമ്പോ അവിടെ കടലേ ഉള്ളു ജലമേ ഉള്ളൂ കയറില് പാമ്പെന്ന് തോന്നി ലൈറ്റ് അടിച്ചു നോക്കുമ്പോൾ പാമ്പൊന്നുമില്ല ഉള്ളൂ കുടമെന്ന് വിചാരിച്ചു നോക്കുമ്പോൾ മണ്ണേ ഉള്ളൂ അതുപോലെ ഈ ഞാനെന്നുള്ളത് എന്താണെന്ന് ആരായുമ്പോൾ ഞാൻ എന്നുള്ള അഭിമാനം പറയുകയും അവിടെ പ്രകൃതി വികൃതി ഭിന്നഹം ശുദ്ധബോധസ്വഭാവ സദസതിദമശേഷം ഭാസയൻ നിർവിശേഷ വിലസതി പരമാത്മാജാതാദിഷവസ്ഥാസു അഹമഹം സാക്ഷാത് സാക്ഷിരൂപേണ ബുദ്ധേ പരമാത്മാവ് തന്നെ അഹം അഹം എന്ന് ഞാൻ ഞാൻ എന്നുള്ള അനുഭൂതിരൂപത്തിലെ ജാഗ്രത് സ്വപ്നം സുഷുപ്തി എന്നുള്ള അവസ്ഥകളിലൊക്കെ മാറാതെ പരിണമിക്കാതെ ചിന്മാത്രമായി ശിവമായി ആത്മാവായി പ്രകാശിച്ചുകൊണ്ടേയിരിക്കും നമ്മളുടെ ഞാൻ എന്നുള്ളതിന്റെ അർത്ഥം അഹംപദർഥം ഈ വ്യക്തിയല്ല പേഴ്സൺ അല്ല അത് പൂർണമായ വസ്തുവാണ് എന്നുള്ള അനുഭൂതി സാക്ഷാത്കാരം ഉണ്ടാവണതാണ് ഗീതയുടെയും ഉപനിഷത്തിൻ്റെയും ഭാഗവതത്തിന്റെയും എല്ലാറ്റിനും ലക്ഷ്യപതാണ് സമന്വയം എന്ന് പറയും എന്തു പറഞ്ഞാൽ ഇത് പറയണം ഇത് പറഞ്ഞിട്ടില്ലെങ്കിൽ ആ സത്സംഗം സത്സംഗമല്ല ഇത് പറഞ്ഞിട്ടില്ലെങ്കിൽ ആ ശാസ്ത്രപഠനം ശാസ്ത്രപഠനമല്ല നിങ്ങൾ എന്ത് വേണമെങ്കിൽ പറഞ്ഞോളൂ വിഷ്ണുവിനെ പറഞ്ഞോളൂ ശിവനെ പറഞ്ഞോളൂ ഗണപതിയെ പറഞ്ഞോളൂ മുരുകനെ പറഞ്ഞോളൂ പക്ഷേ ചുറ്റി വളഞ്ഞ അവസാനം ഇത് പറയണം മുമ്പൊക്കെ എപ്പോഴും ഒരു കഥ പറയും എന്ത് സത്സംഗം ആയാലും എനിക്ക് ഒരു കാര്യം അറിയുള്ളൂ എന്നുള്ളതിനൊരു ഉദാഹരണം പറയും ഒരാള് ഒരു പയ്യൻ സ്കൂളിലേക്ക് പഠിച്ചോണ്ട് പോയി ഒറ്റ എസ് ഐ എ എന്ത് ചോദിച്ചാലും അത് എഴുതി വയ്ക്കും തെങ്ങിനെ കുറിച്ച് അപ്പോ തെങ്ങിനെ എഴുതാൻ പറ്റുള്ളൂ ആദ്യം ചോദിച്ചു പശുവിനെ എഴുതാൻ പറഞ്ഞു അപ്പൊ പശു നാല് മൃഗമാണ് അതിന് വാലുണ്ട് രണ്ടു കൊമ്പുണ്ട് പാല് കറക്കും പശുവിനെ നമ്മൾ തെങ്ങിൽ കെട്ടാറുണ്ട് എന്ന് പറഞ്ഞിട്ട് പോട്ടെ അടുത്ത പരീക്ഷയ്ക്ക് ചോദിച്ചത് കോഴിയാണ് അപ്പൊ ഈ കോഴിയും ഇതും കൂടെ എങ്ങനെ കണക്ട് ചെയ്യാന്നറിയോ കോഴി മുട്ടയിടും രാവിലെ കൂവും കോഴിയെ നമ്മൾ തെങ്ങിൽ കെട്ടാറില്ല എന്ന് പറഞ്ഞിട്ട് തെങ്ങിനെ ഇതുപോലെ നമ്മളുടെ പുരാണങ്ങളൊക്കെ നോക്കിയാൽ കാണാം ചുറ്റിവളഞ്ഞു വന്ന എന്തെങ്കിലുമൊക്കെ കഥ പറഞ്ഞ് എന്തെങ്കിലും കാര്യം പറഞ്ഞ് നിങ്ങളുടെ മനസ്സിനെ പതുക്കെ വശീകരിച്ചിട്ട് അവസാനം ഈ സത്യം നിങ്ങൾക്ക് തരും ഈ സത്യം നിങ്ങളുടെ ഉള്ളിലേക്ക് കൊടുക്കും ശിരിടി സായിബാബ പറഞ്ഞു എന്ന് പറഞ്ഞൊരു വാക്ക് കേട്ടിട്ടുണ്ട് അദ്ദേഹം ധാരാളം പേർക്ക് സിദ്ധിയൊക്കെ ചെയ്ത് അനുഗ്രഹിച്ചപ്പോ ആരോ ചോദിച്ചു ചിലരൊക്കെ പറയണോ ഇങ്ങനെ മനുഷ്യരുടെ ആഗ്രഹത്തിന് സിദ്ധികൾ അനുഗ്രഹിക്കാൻ പാടില്ല എന്ന് പറയണ്ടല്ലോ അപ്പോ ശിരിഡി ബാബ പറഞ്ഞു എത്രയും അവര് ചോദിക്കണത് ഞാൻ കൊടുക്കണത് എന്തിനാന്ന് വെച്ചാൽ ഞാൻ കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് അവരെ കൊണ്ട് ചോദിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ അവര് ചോദിക്കുന്നത് കൊടുത്തു കൊടുത്ത് അവർക്ക് പ്രിയം വന്നു കഴിഞ്ഞാ ചെലപ്പോ അവര് ചോദിക്കും എനിക്ക് എന്താ തരാനുള്ളത് എന്ന് ചോദിച്ചേക്കാം അപ്പം എനിക്കുള്ളത് കൊടുക്കാൻ പറ്റുമെന്നാണ് അപ്പം അത് കാരുണ്യം കൊണ്ട് ചിലപ്പോൾ നമ്മളുടെ ശാസ്ത്രങ്ങളും മഹാപുരുഷന്മാരും നമ്മളുടെ ഇച്ഛയ്ക്കും മനസ്സിനും അനുസരിച്ച് വഴങ്ങി തന്ന് പതുക്കെ നമ്മളുടെ ശ്രദ്ധയ്ക്കും നമ്മളുടെ ലൗകിക ഇടയിലേക്ക് ഇറങ്ങി വന്നിട്ട് നമ്മൾ സമയമാവുമ്പോൾ ആ സത്യം ബോധിപ്പിക്കും അർജുനന്റെ എൻറ്റയർ ലൈഫ് ഭഗവാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നു ഈ കുരുക്ഷേത്ര ഭൂമിയിൽ വരണവരെ അർജുനൻ ഈ ചോദ്യമേ ചോദിച്ചില്ലേ എന്തൊക്കെയായിരുന്നു അർജുനന്റെ സ്ഥിതി ആലോചിച്ചു നോക്കൂ കുട്ടിക്കാലം മുതൽക്ക് മഹാപ്രതിഭാശാലി ലോകം വാഴ്ത്തുന്ന സത്യമറിയാത്ത ഒരു മരമണ്ഠൻ ലോകം മുഴുവൻ വാഴ്ത്തുന്ന ഒരാള് ഒറ്റക്ക് നിർന്ന് ഭീഷ്മരെയും ദ്രോണരെയും കർണനെയും ഒക്കെ ജയിക്കാനുള്ള ന്യൂക്ലിയർ പവറുള്ള ആള് ഇപ്പൊ ന്യൂക്ലിയർ പവറൊക്കെ ഒരു ഒരു ആറ്റം ബോംബ് ഇങ്ങനെ വിടണമെങ്കിൽ ന്യൂക്ലിയർ ബോംബ് വിടണമെങ്കിൽ എത്ര സാമഗ്രികൾ എത്ര ചെലവെടുക്കണതറിയോ നമ്മൾ കൊടുക്കുന്ന ടാക്സ് ഒക്കെ അവിടേക്കാണ് പോണത് പക്ഷെ ഈ അർജുനൻ എങ്ങനത്തെ ആളാണെന്ന് വെച്ചാൽ ശാസ്ത്രം ഇനിയും അങ്ങനെയൊന്നും പുരോഗമിച്ചിട്ടില്ല അശ്വത്ഥാമാവിന്റെ നേരെ അശ്വത്മാവിന്റെ ഓടിച്ചു കൊണ്ടുപോയപ്പോ അയാളുടെ അടുത്ത് ഒരു മന്ത്രം ഇങ്ങനെ ജപിച്ചിട്ടൊന്നും വിട്ടു ബ്രഹ്മശീർഷം എന്ന പേര് ലോകം മുഴുവൻ അടുങ്ങിമറച്ചു ഇപ്പൊ നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ കുഴപ്പങ്ങൾ കാണുന്നുണ്ട് അല്ലേ ഒരു മെഷീൻ കൊണ്ടുവന്നാൽ മലയെ മാന്തിക്കളയും ഇത്ര കാലം അത് ഉണ്ടായിരുന്നില്ല നോക്കു ചെയ്യാനുള്ള കഴിവ് ഈ ജെ സി ഇ ബി കണ്ടുപിടിച്ചു പിന്നെ പോണ വഴിയിൽ മലയൊന്നും കാണുന്നില്ല ഇതാണ് ഞാൻ പറയണത് പഠിപ്പ് കൊണ്ട് കാര്യമില്ല പെരിച്ചാഴി മനുഷ്യനായിട്ട് ജനിച്ചാൽ ജെ കണ്ടുപിടിക്കും സ്വഭാവം മാറണേയില്ല മനുഷ്യന്റെ രൂപം മാത്രം മലയെ കാണുമ്പോൾ തുറക്കണം എന്ന് അത് പെരിച്ചാഴിയാണെങ്കിൽ ഓട്ടയിടും അത് പെരിച്ചാഴിയുടെ കയ്യിൽ മെഷീൻ കിട്ടുമ്പോൾ അങ്ങനെ ഒരു മെഴുകലാണ് ബേസിബി ഓണേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ കണ്ണാടിയിൽ പോയിട്ട് നോക്കരുത് കേട്ടോ രാത്രി അത് മലയില്ലാതാക്ക കടലില്ലാതാക്കുക അതിനൊക്കെ ഒരു അസ്ത്രം മതി എന്നാ പറയണത് മഹാഭാരത കാലത്തിൽ അങ്ങനെ ഒരു പിരിയേഡായിരുന്നു അത് ഈ മഹാഭാരതം നടന്നിട്ടുണ്ടോ കള്ളമാണോ എന്ന് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഒരു കാര്യം ഞാൻ പറയാം കള്ളമായിരിക്കട്ടെ പക്ഷെ അതിനെ ആരോ ഒരാൾ കൺസീവ് ചെയ്തു ഒരാൾ സങ്കല്പിക്കാൻ എങ്ങനെ സാധിച്ചു ആണിനെ പെണ്ണാക്ക പെണ്ണിനെ ആണാക്ക ഇന്നിപ്പ ചെയ്യണ കാര്യ ശികണ്ടി പെണ്ണായി പെണ്ണാണായി മാറി ഇതൊക്കെ പറഞ്ഞ് ശിഖണ്ഡിയാക്കുക ശരിയായ ജന്മല്ല ജനറ്റിക് എഞ്ചിനീയറിങ് ഇന്ന് കാണിക്കാൻ പോകുന്ന കുഴപ്പം മുഴുവൻ അന്ന് കാണിച്ചിരിക്കണു വ്യാസൻ ഒരു മാംസപിണ്ടം വെട്ടിയിട്ടിട്ട് നൂറുകണക്ക് കുട്ടികൾ ഒരു പീസ് എടുത്തിട്ട് ഒരു സ്ത്രീയാക്കി ഒന്നിനും കോൺഷ്യൻസേ ഇല്ല മനസാക്ഷി എന്ന് പറയുന്ന സാധനയില്ല ശരിക്കും പ്രേമത്തിൽ നിന്നും പ്രിയത്തിൽ നിന്നും ജനിച്ചില്ല വെറും മാംസപിണ്ടം വെട്ടിയിട്ട് ജനിച്ചത് കൊണ്ട് ഒരു ഉരുപ്പിടിയായിട്ട് മാറി നിൽക്കാൻ പറ്റാമോ വയ്യ മനസാക്ഷിയേ ഇല്ല എല്ലാവരുടെ കയ്യിൽ ഉഗ്രമായ അസ്ത്രങ്ങൾ ശസ്ത്രങ്ങൾ ഇതൊക്കെ കൂടി ഭഗവാൻ ചേർത്തിക്കൊണ്ടുവന്ന് കുരുക്ഷേത്ര ഭൂമിയിൽ പൊട്ടിക്കുകയാണ് അതിൽ ഈ അർജുനന് ഇത്ര വലിയ ശസ്ത്രമായി അശ്വത്ഥാമാവ് ബ്രഹ്മശീർഷം അയച്ചപ്പോ അടുത്ത് ഭഗവാൻ പറയാ നീ തിരിച്ചയക്കൂ കാരണം ഇത് സംഗ്രഹിക്ക സംഹരിക്കണമെങ്കിൽ അതിന് ഇതുകൊണ്ട് തന്നെ എടുക്കണം അർജുനൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ അടുത്തു നിന്നൊരു ദർഭ പറിച്ചെടുത്തു അതിലാണ് അഭിമന്ത്രണം ചെയ്തിട്ട് അയക്കുന്നത് നമ്മൾ എത്ര സാമഗ്രികളാ വേണ്ട അറിയൂ ന്യൂക്ലിയർ സാധനം ഉണ്ടാക്കണമെങ്കിൽ ഒരു ദർഭ പരച്ചെടുത്തു സിദ്ധാന്തം എന്താന്ന് വെച്ചാൽ ഒരു പൊടിയുടെ ഉള്ളിലെല്ലാം ഉണ്ടെന്നാണ് അത് പ്രായോഗികമാക്കാനുള്ള സയൻസ് ഉണ്ടായിരുന്ന ഒരു കാലമാണത് ഒരു ദർഭ പരച്ചെടുത്ത് അത്രയും പവർഫുള്ളായ ശസ്ത്രമുണ്ടാക്കി അയക്കാൻ കഴിഞ്ഞ ആള് ഈ ഭീഷ്മർ വലിയ മഹാമേധാവി ആ ഭീഷ്മര അവസാനം യുദ്ധഭൂമിയിൽ ശരശയ്യയിൽ കിടക്കുക എല്ലാം ഫെയിലായി ലൈഫ് മുഴുവൻ ഫെയിലായിട്ട് ശരശയ്യയിൽ കിടക്കുക അപ്പൊ ധർമ്മപുത്ര മുമ്പിൽ വന്നപ്പോ ഭീഷ്മർ പറഞ്ഞു ഒരു കഥ പറഞ്ഞു കൊടുത്തു മഹാഭാരതത്തില് മോക്ഷപർവം ശാന്തിപർവത്തിലെ മോക്ഷപർവം ശാന്തിപർവം മുഴുവൻ പത്തായിരത്തിന് മേലെ ശ്ലോകങ്ങളാണ് അതിലീ മോക്ഷപർവത്തിൽ ഭീഷ്മർ പറഞ്ഞു കൊടുത്തു ഹേ ധർമ്മപുത്രരെ ഭഗവാനാണ് കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്നത് കാരണം ഈ ധർമ്മപുത്ര കൃഷ്ണൻ പറഞ്ഞ കേക്കില്ല നമ്മളെക്കാളും വയസ്സിന് ചെറിയ പയ്യൻ അവനാരാ നമ്മളെ പറയാമെന്നുള്ള വട്ടമാണ് അദ്ദേഹത്തിന് അപ്പൊ തന്നെക്കാളും വയസ്സിന് മൂപ്പുള്ള ആൾ വേണം തന്നെ പോലെ അറിവുള്ള ആൾ വേണം എന്നൊക്കെ ഉള്ളിൽ പ്രിജുഡിസ് ഉണ്ട് അങ്ങനെയാണ് ധർമ്മപുത്രരെ ഭീഷ്മരുടെ അടുത്തേക്ക് കൊണ്ടുവരണം ഭഗവാൻ ഭാഗവത്തിൽ ഉണ്ടതൊക്കെ ഇതാണെന്ന് വെച്ചാൽ വ്യാസൻ പറഞ്ഞിട്ട് പോലും കെട്ടില്ലായെന്നാണ് വ്യാസാഗ്ദീ ഹി ഈശ്വരേഹാഗ്നി ഹി കൃഷ്ണേന അദ്ഭുതകർമ്മണ പ്രബോധിതോപി ഇതിഹാസൈ നാബുദ്ധ്യത ശുചാർപ്പിത അപ്പോഴാണ് മുമ്പ് കൊണ്ടുവന്ന് നിർത്തിയത് ഭഗവാൻ ഭീഷ്മരുടെ മുമ്പിൽ അപ്പൊ ഭീഷ്മർ പറയാണ് മങ്കി എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു മങ്കി എന്ന് പറഞ്ഞ ഇംഗ്ലീഷ് മങ്കിയല്ല അയാളുടെ പേര് മങ്കി ഒരു വ്യാപാരിയാണ് അയാൾക്ക് ഒരു ഉണ്ടായിരുന്നു വലിയ രണ്ട് കാളകളെ കെട്ടിയ വണ്ടി ആ വണ്ടിയിൽ കുറച്ച് ഗോതമ്പോ കുറച്ച് പച്ചക്കറിയോ അരിയോ നെല്ലോ എന്തൊക്കെയോ വെച്ച് കച്ചവടത്തിന് പുറപ്പെട്ടു ഇയാളുടെ കയ്യിലുള്ളത് ഒരു കാള രണ്ട് കാളകളും അതിൽ ഇയാളും ഈ വണ്ടി ഓടിച്ച് സാധനങ്ങളുമായിട്ട് പോകുമ്പോൾ ഇയാളെങ്ങനെ മനസ്സിൽ കൽപ്പന ചെയ്യുക ഇതൊക്കെ വിറ്റ് ഞാൻ കുറെ പണക്കും ആ പണം കൊണ്ട് ഞാൻ ചെറിയ പറമ്പ് വാങ്ങിക്കും അവിടെ വീട് കെട്ടും അവിടെ കുറച്ച് കൃഷി ചെയ്ത് പണുണ്ടാക്കും ആ പണം കൊണ്ട് ഞാൻ കുറച്ച് കുറച്ചായിട്ടിങ്ങനെ വിപുലമാക്കി നാട്ടിലൊരു നാടുവാഴിയായിട്ട് തീരും അവിടെ എൻ്റെ കയറി ചുവട്ടിൽ കുറച്ച് പടയാളികളുണ്ടാവും അവരുമായി ഞാൻ അടുത്ത നാട് പിടിച്ചടക്കും സാമന്ത തീരും ചക്രവർത്തിക്ക് തുണയായിട്ട് പോകും അവസാനം ഞാൻ തരം കിട്ടുമ്പോൾ ഒരു ചക്രവർത്തിയാകും കയ്യിലുള്ളത് കുറച്ച് പച്ചക്കറിയും പരിപ്പും നെല്ലുമൊക്കെയാണ് കാളവണ്ടിയിൽ പക്ഷെ ഇരുന്ന് ചക്രവർത്തി വരെ സാമ്രാട്ട് വരെ ആയിക്കഴിഞ്ഞു ഉള്ളിൽ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇയാൾ വണ്ടി ഓടിച്ചു കൊണ്ട് പോകുമ്പോൾ ഈ വണ്ടിയുടെ നുഖം മുമ്പിൽ കിടക്കുന്ന ഒരു ഒട്ടകത്തിന്റെ പൂഞ്ഞയിൽ പോയിട്ട് കുടുങ്ങി ഒട്ടകം വലിയ മൃഗം ഒട്ടകം കിടക്കുകയാണ് ഇയാൾ കണ്ടില്ല അപ്പോ ഒട്ടകത്തിന്റെ പൂഞ്ഞയിൽ ഈ നുഖം കുടുങ്ങിയപ്പോൾ ഒട്ടകം അങ്ങോട്ട് എഴുന്നേറ്റം നിന്നു ഒട്ടകം എഴുന്നേറ്റ് നിന്നപ്പോൾ വണ്ടി അങ്ങനെ പൊങ്ങി രണ്ട് കാളിങ്ങനെ തൂങ്ങി കിടക്കുകയാണ് അതിനെയും വലിച്ചുകൊണ്ട് ഈ ഒട്ടകം നാട് നീള ഓടി ഈ മങ്കി ചവട്ടലും വീണു ഗോതമ്പും അരിയും പച്ചക്കറിയും എന്തൊക്കെയുണ്ട് ഒക്കെ പോയി രണ്ട് കാളയും ചത്ത ഇങ്ങനെ തൂങ്ങി കിടക്കുകയാണ് വണ്ടി ചക്രവൊക്കെ പൊട്ടിപ്പോയി എല്ലാം കഴിഞ്ഞപ്പോ അവസാനം ഈ മങ്കി പറയാണ് അഹോ ദൈവബലം ഞാൻ ഭാവന ചെയ്യുമ്പോ എന്റെ അറിവൊക്കെ ഈ വണ്ടിയും ചക്രവും കാളയും മാത്രമേ ഉള്ളൂ ഒട്ടകത്തിനെ കുറിച്ച് എനിക്ക് യാതൊരു നിശ്ചയില്ല കാളയാണ് സത്യമെന്ന് ഞാൻ വിചാരിച്ചു കൊണ്ടിരുന്നു ഇപ്പോഴാണ് എനിക്ക് അറിയണത് നമ്മളുടെ ഭാവനയൊക്കെ നമ്മളുടെ ജീവിതത്തിൽ വിജയങ്ങളൊക്കെ തന്നെ ഒട്ടകം എഴുന്നേക്കണവരേ ഉള്ളൂ എല്ലാവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒട്ടക എഴുന്നേക്കും ആ ഒട്ടക എഴുന്നേക്കുമ്പോ ഒക്കെ കഴിഞ്ഞു ഒട്ടകം ഏത് രൂപത്തിൽ എഴുന്നേക്കുന്നറിയില്ല ഏതെങ്കിലും രൂപത്തിൽ അല്ലേ എല്ലാവർക്കും അനുഭവമാണ് ഒട്ടകം ഏതെങ്കിലും രൂപത്തിൽ അങ്ങോട്ട് എഴുന്നേറ്റ് നിൽക്കും ഇത് ഒട്ടകത്തിന് നമ്മൾ പ്രതീക്ഷിക്കുകയില്ല നമ്മൾക്ക് ഈ വണ്ടിയും നമ്മളുടെ കയ്യിലുള്ള സാമഗ്രിയും കാളയൊക്കെ അറിയുള്ളൂ അതിങ്ങടെ വലിച്ചുകൊണ്ടുപോയി എല്ലാം തകർത്തു അപ്പൊ ഭീഷ്മർ പറയാണ് ഹേ രാജൻ വിധി നമ്മളുടെ ജീവിതത്തിനെ പിടിച്ചു ഒലയ്ക്കുമ്പോൾ അഭിമാനം പോയി ഞാൻ രാജ്യമൊക്കെ ഉപേക്ഷിച്ചു എല്ലാം ഉപേക്ഷിച്ചു പക്ഷേ വിചിത്ര വീര്യൻ രണ്ട് കാളയെ കട്ടി കെട്ടിയിട്ട് വണ്ടി പൂട്ടിക്കൊണ്ടുപോയി അതിലൊന്ന് ആദ്യം മരിച്ചു പിന്നെ ഒന്ന് രണ്ടാമത് മരിച്ചു അതിനുവേണ്ടി മൂന്ന് സ്ത്രീകളെ കൊണ്ടുവന്നു അംബ അംബിക അംബാലിക്ക അവരെ കൊണ്ടുവന്നപ്പുണ്ട് അതിലൊന്ന് തീരാത്ത പകയോടുകൂടെ പോയി ബാക്കി രണ്ടും അവിടെ നിന്നു അതിൽ കുട്ടികൾ ഉണ്ടാക്കാൻ ഒന്ന് അന്ധനായിട്ട് ജനിച്ചു ഒന്ന് പാണ്ഡുവായിട്ട് ജനിച്ചു ഒന്ന് ശൂദ്രസ്ത്രീയിൽ പോയി അതും പ്രയോജനപ്പെട്ടില്ല അവസാനത്തിൽ മാംസപിണ്ഡങ്ങൾ ജനിച്ചു അതിനെയൊക്കെ വെട്ടി നൂറ് കുട്ടികൾ ഉണ്ടാക്കിയ ഇതാണ് ഉരുപ്പടികൾ എല്ലൂടെ വന്ന് അവസാനം മുഴുവൻ നശിച്ച് തോറ്റുപോയി ഞാൻ ചെയ്ത് വിജയം നേടാൻ ശ്രമിച്ചതൊക്കെ കഴിഞ്ഞിട്ടാണ് ദ ഈ ശരശയ്യൽ കിടക്കുന്നത് അതുകൊണ്ട് ഹേ ധർമ്മപുത്രരേ എന്റെ അടുത്ത് ഒന്നും ചോദിക്കരുത് ദ അടുത്തൊരാള് നിൽക്കണുണ്ട് ഭഗവാൻ സാക്ഷാദ് ആദ്യോ നാരായണോ ഹരിഹേ ഈ കൂടെ വന്നിരിക്കുന്നുണ്ടല്ലോ തന്നെയും കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നുണ്ടല്ലോ ഇയാള് സാക്ഷാത് നാരായണനാണ് പക്ഷേ നിങ്ങൾ അയാളെ നാരായണൻ കരുതിയില്ല അയാളെ ദൂതനാക്കി ചെയ്തു സജീവനാക്കി ചെയ്തു മന്ത്രിയാക്കി ചെയ്തു ഫ്രണ്ടാണെന്ന് കരുതി എച്ചിലെടുക്കാൻ പറഞ്ഞു രാജസൂയെ ആകവേളയില് അവസാനം തെരോട്ടിയാക്കി ചെയ്തു ഇതിൽ നിന്നൊന്നും ഒരു അഹങ്കാരമോ അഭിമാനമോ ഇല്ലാത്ത അദ്വയമായ പൊരുള് ഇപ്പോ തനിക്ക് ഉപദേശിക്കാനായി തന്നെ എന്റെ അടുത്തേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് എന്നു പറഞ്ഞ് ഭീഷ്മര് ഭഗവാന്റെ ചരണത്തിൽ തന്നെ അർപ്പിച്ചുകൊണ്ട് ശരീരം വിടുന്നത് നിങ്ങൾക്ക് ഭാഗവതത്തിൽ പ്രഥമ സ്കന്ധത്തിൽ കാണാം ജീവിതത്തില് അഭിമാനം കൊണ്ട് കർത്തൃത്വം കൊണ്ട് നമ്മളുടെ ഫിസിക്കൽ പെർഫെക്ഷൻ കൊണ്ട് എത്ര ദൂരത്തേക്ക് നമുക്ക് പോകാൻ പറ്റും എന്നുള്ളതിന് ദൃഷ്ടാന്തമാണ് ഇവരൊക്കെ ജയം വിജയം മഹാഭാരതത്തിന്റെ പേര് ജയം എന്നാണ് നാരായണം നമസ്കൃത്യം ദേവിയും സരസ്വതീം വ്യാസം തത്തോ ജയമുദീരയേത് ജയമെന്നാണ് മഹാഭാരതത്തിന് പേര് മഹാഭാരതം എന്നല്ല ജയം എന്ന് പേര് വരാൻ കാരണം എന്താ ആരുടെ ജയമാ ആര് ജയിച്ചു മനുഷ്യരാശിയുടെ പരാജയമാണ് ഒക്കെ തോറ്റുപോയി ഒക്കെ നശിച്ചു കാരണം സയൻസ് എവിടെ വരെ പോകും എന്നുള്ളതിന് ഒരു വലിയ ചിത്രമാണ് മഹാഭാരതം സയൻസിന് ഇതുവരേക്ക് കൊണ്ടുപോകാൻ ഒക്കും എന്നുള്ളതിന് വലിയൊരു ചിത്രമാണ് പരസ്പരം ഭൂമിയെ മുഴുവൻ ധ്വംസം ചെയ്ത് ഒന്നുമില്ലാതാക്കി ചേർന്നു ആ അസ്ത്ര ശസ്ത്രങ്ങളൊക്കെ വെറും ഭാവനാ സൃഷ്ടിയായിരുന്നുവെങ്കിൽ മഹാഭാരതം കഴിഞ്ഞിട്ടുള്ള കഥകളിലും ധാരാളം എഴുതായിരുന്നു അല്ലെ ബുദ്ധന്റെ കഥയൊക്കെ ഉണ്ട് ബുദ്ധന്റെ കഥയിൽ എവിടെങ്കിലും ഒക്കെ ബ്രഹ്മാസ്ത്രം വരുണാസ്ത്രം വലതുണ്ടോ നോക്കൂ ഒന്നുമില്ല വെറും മുളയെ കെട്ടിയിട്ട് കയറി മുളകൊണ്ട വിടുന്നത് അവിടെ ഒന്നും ബുദ്ധൻ ബ്രഹ്മാസ്ത്രം എന്നും ബുദ്ധനും പഠിച്ചു ഇതൊക്കെ ശസ്ത്രങ്ങളൊക്കെ ബുദ്ധചരിത്രത്തിലോ അശോകന്റെ കഥകളിലോ അടുത്തു തന്നെ മഹാഭാരതം കഴിഞ്ഞു കാലങ്ങളിൽ ഈ ശസ്ത്രങ്ങൾ ഒന്നുമില്ല രാമായണ കാലത്തിലും മഹാഭാരതത്തോളം ഇമാജിനേഷൻ ആണെങ്കിൽ എന്തു വേണമെങ്കിലും എഴുതാം രാമായണ കാലത്തിലും രാമന്റെ അടുത്തും ലക്ഷ്മണന്റെ അടുത്തും കുറച്ച് രാവണന്റെ അടുത്തും ഇന്ദ്രജിത്തിന്റെ അടുത്തും മാത്രമേ ഉള്ളൂ വേറെ ആരുടെ കയ്യിലും ഇല്ല മഹാഭാരതത്തിൽ വരുമ്പോഴേക്കും എവരി പേഴ്സൺ ഈസ് ഓണിങ് ഇന്നിപ്പോ അമേരിക്കയിൽ വലിയ ചർച്ച സ്കൂളിലേക്ക് കുട്ടികളൊക്കെ തോക്ക് കൊണ്ടുപോവാ എന്തോ ഒരു അത് ആലോചിച്ച് നോക്കൂ മാഷു ഹോംവർക്ക് കൊടുത്താൽ വെടിവെച്ച് പരസ്പരം എത്ര ഷൂട്ടിങ് ആറിയോ കയ്യിൽ തോക്കു കൊണ്ട് പോവാം ഇപ്പൊ ഇവിടെ നമ്മുടെ കൂടെ വന്നവരുണ്ട് അവര് കാശ്മീർ പോയിട്ട് വന്നു അവര് പറയാ ജമ്മുല് ഒരു തെരുവ് മുഴുവൻ തോക്ക് വിൽപ്പനയാവര് വിചാരിച്ചു അത്ര കളിത്തോക്കായിരിക്കും പോയ അന്വേഷിച്ച റേഷൻ കാർഡ് കാണിച്ചാൽ മതി കിട്ടും എന്നാണ് നല്ല സാധന അവിടുത്തെ ലോക്കൽ റേഷൻ കാർഡ് ഉണ്ടെങ്കിൽ തോക്ക് വാങ്ങിക്കാം നിങ്ങൾ എവിടേക്കാ കൊണ്ട് എത്തിക്കണതോന്ന് ആലോചിച്ച് നോക്കിക്കൂടാ നമ്മളുടെ വിദ്യാഭ്യാസം നമ്മളുടെ അറിവ് അവസാനം എവിടെയാണോ കൊണ്ട് എത്തിക്കണതെങ്കിൽ നമുക്ക് എങ്ങനെ സമാധാനം ഉണ്ടാവും ലോകാസമസ്താ സുഖനോഭവെന്ന് പറയുന്നു സംരക്ഷണത്തിനാണെന്നൊക്കെ പേര് അല്ലേ അപ്പോ ഇതൊക്കെയാണ് അവസാനം നമ്മളെ കൊണ്ട് സ്ഥലം മനുഷ്യന്റെ അഭിമാനത്തിന് അറിവിന് രക്ഷിക്കാനും കഴിയും സ്വയം നശിപ്പിക്കാനും കഴിയും ആ നാശത്ത് നിന്ന് സംരക്ഷണം വേണമെങ്കിൽ രക്ഷപ്പെടണമെങ്കിൽ ഇതിന് വെളിയിൽ വരണമെങ്കിൽ ജ്ഞാനം മാത്രമാണ് മുമ്പിൽ ഉണ്ടാവണം അതാണ് ഭീഷ്മർ അവസാനം ധർമ്മപുത്രരോട് പറയണത് കോധർമ്മ സർവധർമാണോ ഭവത പരമോമത കിം ജപൻ മുച്ചതേ ജന്തു ജന്മ ബന്ധനാത് എന്ന് ചോദിക്കുമ്പോഴാണ് ഭീഷ്മർ വിഷ്ണു സഹസ്രനാമൊക്കെ ഉപദേശിച്ച് പറയണത് ഹേ ധർമ്മപുത്രരെ ഈ ജ്ഞാനം മാത്രമാണ് സത്യം ബാക്കിയൊക്കെ നോണേയാണ് പരമമായ ധർമ്മം ഈ ശാന്തിയുടെ ധർമ്മമാണ് ഈ ശാന്തിയുടെ അശോകന്റെ കാലത്തൊക്കെ മറ്റും വലിയ യുദ്ധം നടന്നിട്ടാണ് ബുദ്ധൻ അതുകൊണ്ടാണ് ബുദ്ധൻ ഇതിനെ വിപരീതമായിട്ട് ഇതിനെ മുഴുവൻ തള്ളിക്കളഞ്ഞ് ഹിംസയെ എല്ലാ ഭാവത്തിലും വിടണമെന്നും ഒക്കെ ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ മനുഷ്യന് ശാന്തി വേണം സമാധാനം വേണം കോംപ്ലക്സ് ആക്കിക്കൊണ്ടേയിരിക്കുകയല്ലേ കൊച്ചു കുട്ടികൾ മൂന്ന് വയസ്സു മുതൽ അവർക്ക് ടെൻഷനാണ് അവരുടെ തലയിൽ വലിയ വലിയ കാര്യങ്ങളെ കുത്തിക്കയറ്റി കളിച്ച് അതിനാണി ഭാഗവതം നോക്കുമ്പോ കൃഷ്ണനും കൂട്ടുകാരും കളിച്ച് പശുക്കളുടെ കൂടെ കളിച്ച് നടക്കണതൊക്കെ നോക്കുമ്പോ നമ്മളുടെ കുട്ടികൾക്ക് ആ കാലം കിട്ടില്ലേന്ന് തോന്നും ചെടികൾ എവിടെ മരങ്ങൾ എവിടെ പശു എവിടെ പശുക്കുട്ടി എവിടെ ഇതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഗൂഗിളിലേക്ക് പോണം നെറ്റിലേക്ക് ഇന്റർനെറ്റില് പോയിട്ടുണ്ട് അല്ലേ അത് പശു നമ്മളുടെ അറിവ് നമ്മളെ കൊണ്ട് എത്തിച്ചിരിക്കുന്ന സ്ഥലമാണ് അത് കർമ്മത്തിനെ ഇത്രക്കേ നമ്മളെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ എത്ര കണ്ട് നിങ്ങൾ കർമ്മത്തിനെ പെർഫെക്റ്റ് ആക്കിക്കൊണ്ടേയിരിക്കണോ അത്ര കണ്ട് കർമ്മം അതിന് യോഗമായിട്ട് മാറിയിട്ടില്ലെങ്കിൽ വലിയ ഭൂതമായിട്ട് പെരുത്തു മുമ്പിൽ നിൽക്കും കർമ്മം യോഗമായിട്ട് മാറണതാണ് ഗീതയിലെ ലക്ഷ്യം അല്ലാതെ കർമ്മം ചെയ്യിപ്പിക്കലല്ല നമ്മളെ തെറ്റായിട്ട് ഗീതയെ ഉദ്ധരിക്കരുത് ഗീതയിൽ ഭഗവാൻ എന്താ പറഞ്ഞിരിക്കുന്നത് കർമ്മം ചെയ്യൂന്ന് കർമ്മം ചെയ്യൂ എന്ന് പറയാൻ ഭഗവാൻ ഒന്നും ആവശ്യമില്ല നമ്മൾ ചെയ്യും ജനിച്ചത് മുതൽ നമ്മൾക്കുള്ള ജനറ്റിക് പ്രോബ്ലമാണത് ഒരാൾക്ക് ഒരാൾ കർമ്മം ചെയ്യൂ ഊണ് കഴിക്കൂ ശ്വാസം വിടൂ എന്നൊക്കെ പറയണോ നമ്മൾ ചെയ്യും അല്ലേ അതിനെ എങ്ങനെ യോഗമാക്കണം എന്ന് പറയാനാണ് ഗീത അല്ലാതെ കർമ്മം ചെയ്യൂ എന്ന് പറയാനല്ല കർമ്മത്തിനെ യോഗമാക്കണം കർമ്മത്തിനെ കൊണ്ട് കർമ്മം ഉദിക്കുന്നതായ അധിഷ്ഠാനമായ ആത്മാവിനെ പരമാത്മാവിനെ ആരാധിക്കണം അതാണ് അടുത്ത ശ്ലോകം നോക്കൂ യഥ്രവൃത്തിർഭൂതാം സർവമിദം തതം സ്വകർമ്മ തമഭ്യ സിദ്ധിം വിന്ദതിമാനവ ഗീതയുടെ പരിപൂർത്തിക്ക് നമ്മൾ വന്നുകൊണ്ടിരിക്കുക ഒരു പ്രത്യേക ഒരു വിഷയത്തിലേക്ക് ഭഗവാൻ വരികയാണ് യസ്മാ ഭൂതാ ചേഷ്ടസ്മാത് അന്തര്യാമിണ ഈശ്വരാത് ഭൂതാ പ്രാണിനാത് സർവമിതം ജഗത്പഥം വ്യാപ്തം ഈ ജഗത്ത് മുഴുവൻ ഏതൊരു ഈശ്വരനാൽ വ്യാപ്തമാണോ ഏതൊരു അന്തര്യാമിയിൽ കർമ്മം ഉദ്ഭവിക്കുന്നുവോ എല്ലാ കർമ്മത്തിനും അധിഷ്ഠാനമായി വ്യാപിച്ച ഏതൊരു പരമേശ്വര ശക്തി നിന്നുകൊണ്ടിരിക്കുന്നു കരണം കാരണം കർത്ത വികർത്തഹനോ ഗുഹ കർമാണി കാരയിത്രി കർമ്മഫലപ്രദ ത്രിശതിയിലെ ദേവി ത്രിശതിയിലെ ഒരു വാക്കാണ് കർമാദി സാക്ഷിണി കാരയിത്രി കർമ്മഫലപ്രദമാധ്യക്ഷ കർമാധ്യക്ഷനാണ് അന്തര്യാമി കർമ്മം ചെയ്യിപ്പിക്കുന്നതും അതിന് പ്രോംറ്റ് ചെയ്യണതും ഉള്ളിലിരുന്ന് ഇങ്ങനെ തൂണ്ടിക്കൊടുക്കുന്നതും കർമ്മമായിട്ട് പുറത്ത് ആവിർഭവിക്കണതും അതിൻ്റെ ഫലമായിട്ട് നിൽക്കുന്നതും എല്ലാറ്റിലും ഈശ്വരൻ വ്യാപിച്ചിരിക്കുന്നുണ്ട് നിർഗുണമായി നിസ്സംഗമായി ഉദാസീനമായി വ്യാപിച്ചിരിക്കുന്നുണ്ട് ആ ചേതന നല്ലതിനും ശക്തി കൊടുക്കും ചീത്തയ്ക്കും ശക്തി കൊടുക്കും എല്ലാത്തിനും ശക്തി കൊടുത്ത് ഒരു ഒരേ എലക്ട്രിസിറ്റി തന്നെയാണ് നമ്മൾ വേണമെങ്കിലും ഉപയോഗിച്ചാൽ ഫാനിൽ കാറ്റായിട്ട് വരുമ്പോൾ തൊട്ട ഷോക്ക് അടിക്കും ആ നിർഗുണ ബ്രഹ്മം എന്ന് പറയുന്നത് എല്ലാ കർമ്മങ്ങളെയും ചോദിപ്പിച്ചുകൊണ്ട് പ്രവർത്തിപ്പിച്ചുകൊണ്ട് കർമ്മം ചെയ്യുന്നവനിൽ ഉള്ള ചേതന കർമ്മത്തിലും വ്യാപിച്ച് കർമ്മഫലത്തിലും വ്യാപിച്ച് ഇരിക്കണു ആ ചേതനയെ ഈശ്വരനെ എങ്ങനെ പ്രകാശിപ്പിക്കാൻ സാധിക്കും എന്നുവെച്ചാൽ ഓരോ കർമ്മം ചെയ്ത് കഴിയുമ്പോഴും ആ ഫലം നമ്മളെ ഇറ്റ് ഈസ് ക്വയർഡ് പോസിബിൾ ഇറ്റ് ക്യാൻ ഹർട്ട് നിങ്ങളെ അത് ഒരു സമയം വേദനിപ്പിക്കുകയോ അല്ലെങ്കിൽ നിങ്ങളിലൊരു വാസനയുടെ സംസ്കാരത്തിൻ്റെ ഒരു ഒരു വര വരയ്ക്കുകയോ ചെയ്യും ഓരോ കർമ്മവും കർമ്മം ചെയ്യാതിരിക്കാൻ പറ്റില്ല ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പം വരും ഏത് കർമ്മത്തിൽ ഇൻവോൾവ് ആയാലും അത് അങ്ങനെ ഇംപ്രിൻ്റ് ആവും ഉള്ളില് നമ്മളുടെ മനസ്സൊരു ഒരു മെഴുകു പ്ലേറ്റ് പോലെയാണ് കാപ്പി കുടിക്കണം തോന്നി കാപ്പി കുടിച്ചു കാപ്പിയുടെ ഒരു മാർക്ക് വീണു ആ മാർക്കാണ് വൃത്തി ഇങ്ങനെ വൃത്തി കോൺസ്റ്റന്റ് ആയി കഴിഞ്ഞാൽ കൊറേ കഴിയുമ്പോൾ വൃത്തി സംസ്കാരമായി കഴിഞ്ഞാൽ അതിന് ജീവൻ വെക്കും ജീവൻ വെച്ചു കഴിഞ്ഞാൽ രാവിലെ ആറുമണിയാവുമ്പോ കാപ്പി കുടിക്കണം തോന്നും അത് സ്വയമേവ പറയും എഴുന്നേക്കൂ എന്ന് പറയും ചെയ്യൂ എന്ന് പറയും അല്ലേ അതാണ് വൃത്തി സംസ്കാരമായിട്ട് മാറി അതിന് ജീവൻ വെക്കുന്നത് അപ്പൊ ഈ ശാസ്ത്രം അപ്പൊ നോക്കുമ്പോ ആ കർമ്മങ്ങള് ഈ മനുഷ്യൻ ഈ സംസ്കാരം കൊണ്ട് ചെയ്യും അതാണ് സ്വഭാവം കായ കായേന വാചാ മനസേന്ദ്രിയീർവ ബുദ്ധിയാത്മനാവ് പ്രകൃതയെ സ്വഭാവാത് പ്രകൃതയെ സ്വഭാവത്ത് ആ സ്വഭാവമായിട്ട് മാറിക്കഴിഞ്ഞാൽ ആ സ്വഭാവം നമ്മളെ കൊണ്ട് ഓരോ കർമ്മം ചെയ്യിപ്പിക്കും ആ സ്വഭാവത്തിന് പുറകിൽ ഒരു ശക്തി ഉണ്ട് ചേതന ആ ചേതനയ്ക്ക് ഈ കർമ്മം കൊണ്ട് ഒരു പുഷ്പ അലങ്കാരം ചാർത്താൻ പറ്റുമോ എങ്ങനെ പറ്റുമെന്ന് വെച്ചാൽ ത്യാഗമായിട്ട് ആ കർമ്മത്തിന് ചെയ്താൽ സ്വാർത്ഥമില്ലാതെ കർമ്മത്തിനെ ചെയ്താൽ ആ ഈശ്വരനെ ആ കർമ്മം കൊണ്ട് ആരാധിക്കാമെങ്കിൽ ജ്ഞാനനിഷ്ഠ യോഗ്യതാലക്ഷണം സിദ്ധിം ബിന്ദന്തി ആ കർമ്മം ചിത്തശുദ്ധിക്കായിട്ട് ത്യാഗമായിട്ട് കർമ്മത്തിനെ ചെയ്ത് ഓരോ കർമ്മം കൊണ്ടും ഈശ്വരനെ അർച്ചിച്ച് ആരാധിച്ച് അധോക്ഷജ ഭഗവാൻ സന്തോഷിക്കട്ടെ എന്നു പറഞ്ഞ ആ കർമ്മം ചെയ്ത് നമ്മൾ ചെയ്യുന്ന സ്വധർമ്മം നമുക്ക് കിട്ടിയിരിക്കുന്ന പൂജയാണ് ആ പൂജയെ ഭഗവതർപ്പണമായിട്ട് ചെയ്ത് കഴിയുമ്പോ ചിത്തം ശുദ്ധമായി ആനന്ദം ഉണ്ടാവുകയാണ് ഉള്ളത് വിവേകാനന്ദ സ്വാമി അവസാനം അവസാനമാകുമ്പോ പറയുന്നത് മദേഴ്സ് വർക്ക് എന്നാണ് പറയാ ആ പ്രവൃത്തിയെ മുഴുവൻ അദ്ദേഹം ഇൻസ്പയർ ചെയ്യണത് ഇറ്റ് ഈസ് മതേഴ്സ് വർക്ക് നനക്കോ എനിക്കും ഇതിൽ വന്ന് ഈ പ്രവൃത്തിയിൽ ചെയ്തിട്ട് ചത്തുപോ നീ മുക്തനായിട്ട് തീരുവന്നു മതേഴ്സ് വർക്ക് ഡിവൈൻ മതേഴ്സ് വർക്ക് എന്നാണ് ആ ജഗതീശ്വരി നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കാണ് അവൾ ഉള്ളിലിരുന്ന് പ്രേരണാശക്തിയായിട്ട് ചെയ്യിപ്പിക്കുകയാണ് ഈ പ്രകൃതിയിൽ നടക്കുന്ന കർമ്മങ്ങളൊക്കെ അവളുടെയാണ് ആ മഹാശക്തിയുടെ കയ്യിൽ നീ ഒരു ഒരു യന്ത്രം മാത്രമാണ് ഇതറിഞ്ഞുകൊണ്ട് ആ ശക്തി ചെയ്യിപ്പിക്കണോ എനിക്കൊന്നും തിന്ന് കിട്ടാനില്ല എനിക്കൊന്നും ആവാനുമില്ല ഇത് അവൾക്കുള്ള അർപ്പണമെന്ന് പറഞ്ഞുകൊണ്ട് നിന്റെ തലയിൽ വീണിരിക്കുന്ന കർമ്മം എന്താണെങ്കിലും അത് ചെയ്താൽ ഈ രഹസ്യം അറിഞ്ഞാണ് ഭീഷ്മരും ദ്രോണരും ഒക്കെ പ്രവർത്തിച്ചതെന്നാണ് വേറെ ഒരു വശം കാരണം അവർക്ക് നിവൃത്തിയില്ല അവരുടെ മെഷീൻ അങ്ങനെയാണ് അവരുടെ സിസ്റ്റം അതാണ് അവർക്കതൊന്നും പുറത്തു വരാൻ പറ്റില്ല അതുകൊണ്ട് അവർ തീരുമാനിച്ചു ഇത് ഞങ്ങൾക്ക് വഴി എല്ലാവർക്കും അറിയാം ചാവുമെന്ന് അവരൊന്നും ജയിക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ടോ ജീവിക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ട് കൊണ്ടല്ല യുദ്ധം ചെയ്യണത് മൃത്യും വരം വിജയാൻ മന്യമാനഹ ജയിക്കുന്നതിനേക്കാളും മരിക്കണത് നല്ല സുഖമാണെന്ന് പറഞ്ഞിട്ട് അത്ര ആയുധം എടുത്തത് അവരൊക്കെ മൃത്യു വരം വിജയ മരണത്തിന് തയ്യാറായിക്കൊണ്ടാണ് അവർ യുദ്ധം ചെയ്തത് അതുകൊണ്ടാണ് വിഷ്ണു സഹസ്രനാമത്തിൽ നിങ്ങൾ നോക്കുക ഒരു നാമമുണ്ട് ഭീഷ്മർ പല നാമങ്ങൾ പറയുമ്പോൾ ഭഗവാന്റെ നാമം പറയുമ്പോൾ ഒരു നാമം ശിഖണ്ഡി എന്നാണ് ശിഖണ്ഡി നാമം വിഷ്ണു സഹസനാമത്തിൽ നാരായണന്റെ നാമമായിട്ട് ഭീഷ്മര് പറയുന്നുണ്ട് എന്താന്ന് വെച്ചാൽ നിങ്ങൾ വിചാരിക്കാം ശിഖണ്ഡി എന്നെ കൊല്ലാൻ വേണ്ടിയിട്ട് ഒരാൾ വരണു എനിക്കറിയാം അത് നാരായണനാണ് നാരായണൻ എന്നെ തീർക്കാനായിട്ട് അതേ വഴിയുള്ളൂ എന്ന് പറഞ്ഞ് ശിഖണ്ഡിയായിട്ട് മുമ്പിൽ വന്ന് നിൽക്കണു അപ്പൊ ഈ അറിവോടുകൂടിയാണ് ഭീഷ്മ പിതാമഹൻ യുദ്ധം ചെയ്തതെങ്കിൽ അതിന് കാരണം എന്താ അവരുടെ സ്വഭാവത്തിൽ അവരുടെ പ്രകൃതിയിൽ ഉള്ള മുഴുവൻ അന്തര്യാമിയായിട്ടുള്ള നാരായണന് ർച്ചനയാക്കി ചെയ്തപ്പോ ചിത്തം ശുദ്ധമായി ചിത്തം ശുദ്ധമായി എന്നുള്ളതിന്റെ ലക്ഷണം എന്താ കൃഷ്ണൻ അവസാന ശരീരം വിടേണ്ട സമയത്ത് മുമ്പിൽ പോയി നിൽക്കണു